നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർ സന്മാർഗത്തിലായിരിക്കുന്നു എന്നാൽ അവർ വിമുഖത കാണിച്ചാൽ അവർ ഭിന്നതയിലാണെന്നു മാത്രം അള്ളാഹുസുബഹാനഹൂവത്ത ആല അവർക്കെതിരായി നിങ്ങൾക്ക് മതിയായവനാകും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു